സങ്കീർത്തനം ആരോഹണ ഗീതം അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകലദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ വിശുദ്ധ മന്ദിരത്തിങ്കലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവീൻ ആകാശവും ഭൂമിയുമുണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ